പുനരുദ്ധാന നാൾ വരെ കഠിനമായ ശിക്ഷ നൽകുന്നവരെ അവരിലേക്കയക്കുമെന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം ഓർക്കുക തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ശിക്ഷ നൽകുന്നതിൽ വേഗത്തിലുള്ളവനാണ് എന്നാൽ അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്